നിങ്ങൾ കൊല്ലാനൊരുങ്ങുമ്പോഴും പാരമ്പര്യങ്ങൾ ജീവൻ കൊടുത്ത് വളർത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ആ പദങ്ങളോട് ബന്ധം പുലർത്തുമ്പോൾ കിട്ടുന്ന അവാച്യമായ ഒരു ആനന്ദം ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ല നിങ്ങൾ സമ്മതിച്ചു തരുമെന്ന് എനിക്ക് വിശ്വാസവുമില്ല പ്രതിബന്ധകത്വ ബലമെന്നൊന്നുണ്ട് വ്യാധിയെ തടഞ്ഞു നിർത്തുന്നത് വ്യാധി പ്രതിബന്ധകത്വ ബലം വ്യാധി വന്നാൽ അതിനെ ക്ഷമിക്കാൻ കഴിയുന്ന വ്യാധി ക്ഷമത്വബലം വ്യാധി ക്ഷമത്വബലം വ്യാധി പ്രതിബന്ധകത്വബലം പ്രതിബന്ധകത്വബലം തന്നെ പ്രതിരോധ ബലം മനസ്സിലായില്ല അതായത് ഒരു രോഗം എനിക്ക് വരാതിരിക്കുവാൻ പാകത്തിന് ആ രോഗാണുക്കളെ ചെറുക്കാൻ എന്റെ ശരീരം എന്റെ കോശങ്ങൾ സുസജ്ജമായിരിക്കുന്നു അത് പ്രതിബന്ധകത്വബലമാണ് മനസ്സിലായി രോഗം അകത്തേക്ക് കയറിയാൽ അവനെ സഹിക്കാനും അവനെ കൂടി ഉൾക്കൊള്ളാനും അവനെ അകത്ത് വച്ചുകൊണ്ടിരിക്കുവാനും അവൻ എനിക്ക് അപകടകാരിയാകാതിരിക്കുവാനും ആ ബലമില്ലാത്ത സംസർഗം പുലർത്തിയാൽ അവനിൽ അതിനെ പകർത്തി കൊടുക്കുവാനും കഴിയുന്നത് എന്റെ വ്യാധി ക്ഷമത്വ ബലമാണ് അവിടെയാണ് മനുഷ്യനും മനുഷ്യനും തമ്മിൽ സൂക്ഷിക്കേണ്ടത് ഭാര്യയെ പരിശോധിച്ചു വെച്ചയില്ല ഭർത്താവിനെ ശൈലിയാണ് തലേ ദിവസമാണ് രണ്ടുപേരും തമ്മിൽ ശാരീരിക ബന്ധം പുലർത്തിയത് ഭാര്യ പേടിച്ചു തനിക്കും വരുമോ എന്ന് പത്തു കൊല്ലം കഴിഞ്ഞ് പരിശോധിക്കുമ്പോഴും ഭാര്യയ്ക്കില്ല ഭർത്താവ് ഒമ്പത് കൊല്ലം കഴിഞ്ഞ മരിച്ചുപോയി ഭാര്യ രണ്ടാമത് പേരിൽ തന്നെ വിവാഹം കഴിച്ചു ഗവൺമെന്റ് പറഞ്ഞ പരീക്ഷണമൊക്കെ നടത്തി ടെസ്റ്റ് എല്ലാം നടത്തി വെസ്റ്റേൺ പ്ലോട്ട് നടത്തി യാതൊരു ഇല്ല അയാൾ വിവാഹം കഴിച്ചു പൊങ്ങര കൊല്ലം കഴിഞ്ഞു അയാൾക്ക് എക്സൈ വി ആയി മനസ്സിലായില്ല അയാൾക്ക് വന്നു ഇവളോട് ബന്ധപ്പെട്ട് ആദ്യ രാത്രി കഴിഞ്ഞപ്പോ തന്നെ വയറിളക്കമായി അടുത്ത ദിവസം നോക്കിയപ്പോൾ കൗളൊട്ടാൻ തുടങ്ങി ചുമ തുടങ്ങി കൊണ്ടുപോയി പരിശോധിച്ചു എക്സൈ വി മനസ്സിലായില്ല മനസ്സിലാകുന്നില്ല അയാൾ മരിച്ചു അപ്പൊ അടുത്തുള്ളയാൾ പറഞ്ഞു ഇവളിലൊരു വിശാദുണ്ട് അതുകൊണ്ട് ഇവളോട് പരിചയപ്പെടുന്നതല്ല ഉടനെ മന്ത്രവാദി വന്നു സന്തോഷ് മാധവൻ വന്നു വന്നു ജ്യോതിഷി വന്നു ഇങ്ങനെയൊക്കെ അപകടങ്ങൾ ഉണ്ടാവും മനസിലായില്ല അങ്ങനല്ലേ പറയാൻ അതിന് മറിച്ച് അവളിൽ ആ എച്ച് ഐ ഉണ്ടാക്കുന്ന വൈറസുകൾ ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് അത് അവളെ അപകടപ്പെടുത്താതെ അവളിരുന്നു കൊണ്ട് പരിചയപ്പെടുന്നവരെ അപകടപ്പെടുത്തും അപ്പോൾ അവൾക്ക് വ്യാധി ക്ഷമത്വബലമുണ്ട് അതേ വ്യാധി ക്ഷമത്വബലം ഉള്ളവന് കഴിക്കാം മനസ്സിലായില്ല ശാസ്ത്രം അല്ലേ എല്ലാം ചുമ്മാ പറയുകയാണ് സങ്കീർണമാണോ ശാസ്ത്രം ചത്രം വളരെ സങ്കീർണമാണ് ഏ സങ്കീർണമാണ് കാരണം വിവാഹം കഴിച്ചു വെളുത്തം ചെത്തു രണ്ടാമത്തോനും പോയി കാരണം കണ്ടുപിടിക്കാൻ പറ്റുമോ ആ പഴയ കഷകന്റെ കീഴുതുതന്നെയാണ് കാരണം ഏ അറിയുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾ അറിയുക ഒരാൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട് ഒരാൾക്ക് ഹെപ്പറ്റൈറ്റിസ് സി ഉണ്ട് അയാളുമായുള്ള ബന്ധ ബാന്ധവങ്ങളിൽ മറ്റൊരാൾ ഹെപ്പറ്റൈറ്റിസ് സിയും ബിയും വാങ്ങുന്നു ഇയാളുടെ യാതൊരു ബ്ലഡ് ടെസ്റ്റിലും ഹെപ്പറ്റൈറ്റിസ് സിയും ബിയും ഇല്ല മനസ്സിലായില്ല കണ്ടാൽ സുമുഖനായ യാതൊരു തൊക്കുരോഗവും ഇല്ലാത്ത യാതൊരു പ്രശ്നവും ഇല്ലാത്ത അവന്റെ ഷർട്ടെടുത്തു നിന്നിട്ടു ഒന്നര മണിക്കൂർ കഴിഞ്ഞെടുത്തു ചൊറഞ്ഞ് തടിക്കാൻ തുടങ്ങി മനസ്സിലായില്ല അവന്റെ വേർപ്പു പറ്റിയ സർട്ട എടുത്തിട്ടെ ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചൊറിഞ്ഞു തുടങ്ങി അടുത്ത ദിവസം രാവിലെ നോക്കിയപ്പോൾ തള്ള ചോദിച്ചു തലയിലൊക്കെ പൊറ്റനായാലോട പുറത്തല്ല ഉണ്ടല്ലോ ഞാനൊന്നും ചെയ്തില്ലല്ലോ നീവല്ലോ കഴിച്ചു കാണും സോറിയാസിസ് ഉണ്ടാക്കുന്ന അണുകങ്ങൾ മറ്റവന്റെ വേറപ്പിലുണ്ട് അവനെ ഒരിക്കലും ബാധിക്കില്ല മനസ്സിലായില്ല സങ്കീർണമാണോ ലോകം പഴയതള്ള ആ സോപ്പ് തേക്കണ്ട ഈ വെനിയനെടുത്തിരണ്ട ആ വന്നവളുടെ മടിയിൽ കയറിയിരിക്കണ്ട മറ്റവൻ കഴിച്ചേച്ചു പോയ ഉപ്പേരിയിൽ കൈയിട്ടു വാരി തിന്നണ്ട പിള്ളേരെ കൂടെ കൊണ്ടേ ഇരുത്തണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ മുഖംമൂടികളാണ് അതല്ലാമെന്നും മാന്യത എന്ന് പറയുന്നത് സാർവലൗകികത്വമാണെന്നും പറഞ്ഞപ്പോൾ നിങ്ങളുടെ വീടുകളിലേക്ക് ആവാതിച്ചു കൊണ്ടുന്നത് അത്രയും രോഗങ്ങളാണെങ്കിൽ വൈദ്യശാസ്ത്രം സങ്കീർണമായ ഒരു തലത്തിലാണ് ഇവയെ കാണുന്നതെങ്കിൽ രോഗാതുരത്വം നിങ്ങൾക്കനുഗ്രഹമായാണ് വന്നു ചേരുന്നതെങ്കിൽ കൈതലയിൽ വെച്ച് അനുഗ്രഹിക്കുന്നവനും കാല് കഴുകി വെള്ളം കുടിക്കുവാൻ പ്രേരിപ്പിക്കുന്നവനും അവന്റെ പ്രതിബന്ധ ശക്തി അവന്റെ ക്ഷമത്വബലം കൂടി നിൽക്കുന്നൊരവസ്ഥയിൽ അവനുള്ള മഹാരോഗങ്ങളെ കൂടി ഏറ്റുവാങ്ങാൻ പര്യാപ്തമായ ഒരവസ്ഥയിലേക്ക് പോകുമെന്ന് ധരിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും അതിൽ നിന്നുള്ള മാറി നിൽക്കുവാൻ മര്യാദകൾ ഉപദേശിച്ചു തരികയും ചെയ്ത നിങ്ങളുടെ വല്യമ്മമാർക്കുള്ള അറിവിന്റെ ആയിരത്തിലുള്ള പൊങ്ങച്ചക്കാരികളായ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നിങ്ങളുടെ ഭർത്താക്കന്മാർക്കും നിങ്ങളോടൊപ്പം നടന്നവർക്കും ഇല്ല എന്നെങ്കിലും തിരിച്ചറിയുന്നുവെങ്കിൽ പ്രേമമാര് ഇങ്ങനെയൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല അതുകൊണ്ടല്ലേ അവർ അവരെ നിങ്ങളോട് ഓൾഡ് ഏജ് ഹോമിലിട്ട് നിങ്ങൾ ഈ രോഗം മുഴുവൻ മേടിച്ചു കൂട്ടാനായിട്ട് എനിക്ക് എത്ത് എല്ലാം കൂടെ ഉണ്ടല്ലോ അതല്ലേ ഇങ്ങനെ അലയുന്നത് ജരി കിട്ടാ പ്രേതങ്ങളെ പോലെ ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്ക് മന്ത്രവാദിയിൽ നിന്ന് മന്ത്രവാദിയിലേക്ക് ജ്യോതിഷീലി ജ്യോതിഷീലേ എന്നാണ് നിങ്ങൾക്ക് മുക്തി കിട്ടുക പണ്ടുള്ളവർ ഇങ്ങനെ അലഞ്ഞിരുന്നുവോ അവരെ നിഷേധിച്ചതിന്റെ ബാക്കി നിങ്ങളുടെ രോഗങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ സങ്കീർണതകളും ആധുനിക ശാസ്ത്രം എല്ലാത്തിനും പരിഹാരം നിർദ്ദേശിക്കുവാൻ കണ്ടെത്തിയതെന്ന് അവകാശപ്പെടുന്ന സങ്കീർണങ്ങളായ വീണ്ടും വീണ്ടും പോവുകയും അവയെക്കുറിച്ച് മാസികാപത്രങ്ങൾ എഴുതുകയും പഴമയെ നിഷേധിക്കുകയും അവയെ അടിക്കാവുന്നിടത്തെല്ലാം അടിക്കുകയും ചെയ്തിട്ട് നിങ്ങൾ നേടി നിൽക്കുന്നത് അത്രയും ദുഃഖമാണെങ്കിൽ ഒരു പുനർചിന്തനത്തിന് അവസരമുണ്ട് അൻവരും വൈകി കയറികൊണ്ട് നേരിടുകയല്ലെന്നാണ് എന്റെ ധാരണ മനസ്സിലായില്ലോ അത്ര വേഗം അത്ര വേഗങ്ങൾ തോൽവി സമ്മതിച്ച് സമ്മതിക്കാൻ പറ്റുമോ കുറെ കാരം ഓടിയല്ലേ വീട്ടി ആൻസർ പഠനങ്ങളിൽ വളരെ നിർണായകമാണ് പ്രശ്നങ്ങളിലെ പരിണാമം നമ്മൾ സ്തനാർബുദത്തെ പഠിച്ചപ്പോൾ വജ്രത്തെക്കുറിച്ച് പറയുകയുണ്ടായി ഗവർണറിയില്ല രാത്രി കഴിക്കുന്ന ആഹാരത്തിലൂടെ കടന്നു ചെറിയ പൊടികൾ വന്നു ഇതുമെല്ലാം സ്തനവഹകളായ സ്രോതസ്സുകളിലൂടെ ക്ഷീരവഹകളായ സ്രോതസ്സുകളിലൂടെ കടന്നു അവ അവിടെ നിലകൊള്ളുന്നതും അവയ്ക്ക് ഒരു ആവരണ കലയുണ്ടാകുന്നതും അത് അർബുദ കോശമായി തീരുന്നതും എന്നുള്ളൊരു പഠനം സ്തനാർബുദത്തെ സംബന്ധിച്ച് പ്രാചീനമായ ഗ്രന്ഥങ്ങളിലുണ്ടെന്നും കാശ്യപ സംഹിത അങ്ങനെ പറയുന്നുണ്ടെന്നും നമ്മൾ പഠിക്കുകയുണ്ടായി ഓർമ്മയുണ്ടോ ആ കാശ്യപ സംഹിതയിലെ ഈ സന്ദേശം തന്നെയാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ എല്ലാ അർബുദങ്ങളുടെയും കാരണമായി ആധുനിക വൈദ്യശാസ്ത്രം കണ്ടെത്തിയിരുന്നത് വൈദ്യശാസ്ത്രത്തിന്റെ ആ ഒരു കണ്ടെത്തലിനെ വെച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ പ്രകൃതി ശാസ്ത്രജ്ഞന്മാർ പ്രകൃതി ജീവിത്സാരംഗ്യങ്ങളെയും കൊഴിപ്പിച്ചെടുത്തത് ഓർമ്മയില്ലൊരു സംഭവത്തെ ഓർമ്മയില്ല അത് പറഞ്ഞു അതല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പൊ പറഞ്ഞത് കടന്നതാണ് ആധുനിക വൈദ്യശാസ്ത്രം അടുത്ത കാലത്ത് വരെ ഇങ്ങനെയുള്ളൊരു ഫോറിൻ ബോഡിയാണ് കാൻസർ കോശത്തിന് കാരണമായി തീരുന്നതെന്ന് ശാസ്ത്രദൃഷ്ട്യ പറഞ്ഞിരുന്നു എന്നാണ് ഇപ്പൊ പറഞ്ഞത് മനസ്സിലായില്ല അവിടെ സ്ഥനാർബുദം അല്ലെങ്കിൽ സ്ഥാന കുറിച്ച് മാത്രം കാശ്യപ സംഹിത പറയുമ്പോൾ ഇതര അർബുദങ്ങളെയോ ഇതര വിദ്രഥികളെയോ ഇതര ഗ്രന്ഥങ്ങളും കാശ്യപ സംഹിതയും അങ്ങനെ കണ്ടിരുന്നില്ല മനസ്സിലായില്ല അവിടെയാണ് വ്യത്യാസം ഈ ഒരു സ്ഥന കീലകത്തെ മാത്രം അങ്ങനെ കണ്ടുവെങ്കിൽ ഇങ്ങോട്ട് പോകാൻ ഇരിക്കാം ഇവിടെ സൗകര്യമുണ്ട് സ്ഥനകീലകം ഒഴിച്ചുള്ള അർബുദ കോശങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ അല്ല എന്ന് വൈദ്യശാസ്ത്രം പ്രാചീന മറ്റുള്ളവയെ മാറ്റി പറഞ്ഞിട്ടും ആധുനിക വൈദ്യശാസ്ത്രം ഏറ്റവും പ്രാചീനമായ സ്ഥനാർബുദത്തെ സംബന്ധിക്കുന്ന ഈ പഠനത്തെയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പഠനത്തെയാണ് സകല അർഭുതങ്ങളുടെയും കാരണമായി പറഞ്ഞതും ആസ്പെഷ്യോസ് മനസ്സിലായില്ല പുരുഷ ബീജം വെള്ളി ചെമ്പർ തുടങ്ങിയ പദാർത്ഥങ്ങൾ നിങ്ങളുടെ പി പൈപ്പിലെ വെള്ളം മനസ്സിലായില്ല നിങ്ങൾ തിന്നുമ്പോൾ കരിഞ്ഞ ദോശ വങ്ങിയ ദോശ ഒന്നും കേട്ടിട്ടില്ല പുകയില നഖം പൊടി ഇങ്ങനെയുള്ളവയെല്ലാം ഫോറിൻ ബോഡികളാണെന്നും അവയുടെ റിയാക്ഷനാണ് എല്ലാ അർബുദങ്ങളെന്നുമായിരുന്നു സമീപകാല വൈദ്യശാസ്ത്രത്തിന്റെ പഠനം ആ പഠനത്തെ അവലംബിച്ചുകൊണ്ടാണ് ഇന്നും കേരളത്തിലെ അർബുദ ചികിത്സ അരങ്ങേറുന്നത് വൈദ്യശാസ്ത്രം അവിടെ നിന്നെല്ലാം വളരെ ദൂരം പോയി പതിനായിരക്കണക്കിന് പേപ്പറുകൾ ഇനിയും പ്രസന്റ് ചെയ്തു കഴിഞ്ഞു മനസ്സിലായില്ല അതിന്റെ പഠനങ്ങളും ഔഷധങ്ങളും ഇനിയും കമ്പനികൾ കണ്ടെത്തി എത്തുന്നതുവരെ തെറ്റാണെന്ന് തെളിഞ്ഞാൽ ഇതിനെ വെച്ചുകൊണ്ട് കളിക്കുവാൻ മാത്രമേ വൈദ്യശാസ്ത്രത്തിന് പറ്റൂ മനസ്സിലാകുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നേ കിട്ടുന്നില്ലെന്നായി തോന്നുന്നത് നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് അതോ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 ാണ് നിങ്ങളുടെ ക്യാൻസർ എന്ന് പറയുന്ന കോശങ്ങളെ സൃഷ്ടിച്ചതെന്നും ആ ഫോറിൻ ബോഡിയെ പിന്തള്ളുക അതിനൊരു ഹീലിംഗ് ക്രൈസിസ് ഉണ്ടാക്കുക അങ്ങനെ അത് തള്ളിക്കഴിഞ്ഞാൽ ക്യാൻസർ മാറുന്നു എന്ന് പറയുകയും ആയുർവേദത്തെ ആ പ്രകൃതി ചികിത്സാ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ട് ആയുർവേദ മരുന്നുകൾ കഴിച്ചാലുടനെ രോഗമൊന്നും മൂർച്ഛിക്കുമെന്നും മനസ്സിലായില്ല ഒക്കെ ധരിക്കുകയും ഒക്കെ ചെയ്യുവാൻ പാകത്തിന് ഒരു വിദ്യാഭ്യാസ രീതി സമീപകാലത്ത് നിങ്ങളിൽ വളരാൻ ഇടയായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് മനസ്സിലാതെയാണ് ഞാൻ പറഞ്ഞത് അഹിതമായിട്ട് ചെയ്യുന്നൊന്നും ഞാൻ പറഞ്ഞില്ല അവർ സ്വീകരി സ്വീകരിച്ച സിദ്ധാന്തം നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഫോറിൻ ബോഡിയാണ് രോഗമുണ്ടാക്കുന്നത് എന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ക്യാൻസറിനെ സംബന്ധിക്കുന്ന ഈ സിദ്ധാന്തത്തെയാണ് സ്വീകരിച്ചത് എന്ന് മാത്രമാണ് പറഞ്ഞത് പ്രകൃതി ചികിത്സയ്ക്കെതിരായി പറഞ്ഞതല്ല ഞാനതിനെ എടുത്തു പറഞ്ഞതല്ല നിങ്ങളത് മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാകാത്തതുകൊണ്ടാണ് നിങ്ങളുടെ വൈകാരികതയിൽ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു സിദ്ധാന്തം ഒരു ചികിത്സാശാസ്ത്രം സ്വീകരിക്കുമ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം സമീപകാലത്ത് ക്യാൻസറിനെ സംബന്ധിച്ച് സ്വീകരിച്ചാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ആഹരിക്കുമ്പോൾ കരിഞ്ഞ ദോശ അത് ക്യാൻസറോ ജനിക്കാണ് എന്ന് പറഞ്ഞു ഒരു വൈദ്യ ശാസ്ത്രജ്ഞൻ അങ്ങനെ കണ്ടെത്തി ഇങ്ങനെ പോറിൻ പദാർത്ഥങ്ങൾ ശരീരത്തിലേക്ക് എത്തുമ്പോൾ കോശത്തിന് പരിണാമം ഉണ്ടാവുകയും അത് ക്യാൻസറായി മാറുകയും ആ മാലിന്യങ്ങളെ ഒരിടത്ത് പൂട്ടിവെക്കുകയും ചെയ്യുന്നു അതാണ് ട്യൂമറായി തീരുന്നത് എന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തത്തെ തന്നെയാണ് ആധുനിക കാലത്ത് പ്രകൃതി ചികിത്സാ അടിസ്ഥാന സിദ്ധാന്തമായി സ്വീകരിച്ചതെന്ന് മാത്രമാ ഞാൻ സിദ്ധാന്തം മാത്രമേ പറഞ്ഞുള്ളൂ ചികിത്സയെ സംബന്ധിച്ചൊന്നും ഞാൻ എതിർത്ത് പറഞ്ഞില്ല അനുകൂലിച്ചും പറഞ്ഞില്ല രണ്ടും പറഞ്ഞില്ല സിദ്ധാന്ത ഈ സിദ്ധാന്തത്തെ ബേസ് ചെയ്തൊരു ചികിത്സ രൂപാന്തരപ്പെടുമ്പോൾ സിദ്ധാന്തം തെറ്റാണെങ്കിൽ തനതായ ഒരു സിദ്ധാന്തം ഓരോ ശാസ്ത്രശാഖയും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 അതിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ശാഖകളായി തിരിയുന്നു എങ്കിൽ അടിസ്ഥാന തന്ത്ു പൊട്ടുമ്പോൾ ഇതെല്ലാം ഒന്നിച്ചു പൊട്ടുന്നു എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായാലേ എനിക്ക് മുന്നോട്ട് പോകാൻ ആ സിദ്ധാന്തത്തിന്റെ വെളിച്ചത്തിലായി സമീപകാലത്ത് വന്നിരിക്കുന്ന എല്ലാ ചികിത്സാ പദ്ധതികളും പ്രായണ ആളുകൾ സ്വീകരിച്ചത് അതുകൊണ്ട് എല്ലാം പരാജയങ്ങളായി തീരാൻ കാരണമായി സൈദ്ധാന്തികമായ അടിസ്ഥാനത്തെ വേറൊരു ദിശയിലൂടെ കാണാൻ കഴിവുള്ളവന് മാത്രമേ ഈ രംഗത്ത് വിജയിക്കാൻ പറ്റൂ പറഞ്ഞത് മനസ്സിലായി ഏതാണ്ട് മനസ്സിലായെങ്കിൽ എനിക്ക് തുടരാളുകളും പല വൈകാരികതയും ഉള്ളതുകൊണ്ട് ഞാൻ എന്തിനൊക്കെയോ എതിരാണെന്നും എന്തിനൊക്കെയോ അനുകൂലമാണെന്നും ആദ്യം നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ഞാൻ ഒന്നിനും എതിരല്ല ഒന്നിനും അനുകൂലവുമല്ല അതിലേക്ക് പെട്ടെന്ന് വേദന വരും കാരണം നിങ്ങൾ കുറെക്കാലം ഒന്നിൻ്റെ ആളായിരിക്കും പിന്നെ വേറൊന്നിൻ്റെ ആളായിരിക്കും ഞാൻ ഒന്നിൻ്റെയും ആളല്ല ഒന്നിൻ്റെ ആളല്ല പക്ഷേ ഏതെങ്കിലും ഒന്ന് പ്രയോജനപ്രദമാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നു പലതരത്തിൽ നോക്കുമ്പോഴും പ്രാചീനരുടെ കണ്ടെത്തലുകൾ കുറെ കൂടി സമഗ്രമായതുകൊണ്ട് അത് ആധുനികനെ മുന്നേറുവാൻ വഴിയും വെളിച്ചവുമാകുമെന്ന് വിശ്വസിക്കുന്നു കാരണം ഏറ്റവും പ്രാചീനമായ വൈദ്യശാസ്ത്രം സ്തനാർഹുതത്തെ മാത്രമാണ് ക്ഷീരവഹ സ്രോതസ്സുകളിലൂടെ വന്ന് ഒരു ഫോറിൻ ബോഡി അവിടെ ഇരുന്ന് അതായത് നഖം മുടി ഇതുപോലുള്ളവ ക്ഷീരവഹ സ്രോതസ്സിലെത്തി അത് അവിടെ ഇരുന്ന് ട്യൂമറായിത്തീരുന്നു ബ്രെയിനിൽ വരുന്ന ചില പ്രത്യേക ട്യൂമറുകൾ മാത്രമാണ് പന്നിയുടെ മാംസവും മറ്റും കഴിക്കുമ്പോൾ അതിൽ കിടക്കുന്നതായ തേപ്പുവേമിന്റെ മുട്ടകൾ സ്രോതസ്സുകളിലൂടെ ചെന്ന് ബ്രെയിലിലെത്തി ആ ബ്രെയിലിൽ കോളണികളായി തീർന്ന് അവിടെ വിരിഞ്ഞ് അവിടെ വീണ്ടും മൊട്ടയിട്ട് പുറത്തു കിടക്കാനാവാതെ അത് ട്യൂമർ പോലായി വളരുന്നു എന്നുള്ള സങ്കേതങ്ങൾ ചില മാത്രമാണ്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 ഈ അടിസ്ഥാനപരമായ മൗഢ്യത്തെ സ്വീകരിച്ചു തന്നെയാണ് മുന്നേറിയത് സൈദ്ധാന്തികമായ ഈ വൈപരീത്യം തിരിച്ചറിയുമ്പോഴാണ് ചികിത്സാശാസ്ത്രമാകെ കൊള്ളത്തരമാണെന്ന് പറയേണ്ടി വരുന്നത് അവിടെ അവിടെ ശാസ്ത്രശാഖയിലും ഒന്നോ രണ്ടോ വ്യക്തികൾ ദേശത്തിൻ്റെയോ കാലത്തിൻ്റെയോ മരുന്നെടുത്തു കൊടുത്ത വ്യക്തിയുടെയോ ചില പ്രത്യേക സാഹചര്യങ്ങളുടെയോ സങ്കലനവും വ്യവകലനവും സങ്കല്പനവും കൊണ്ട് രോഗം മാറിയിട്ടുണ്ട് എന്നുള്ളത് ശാസ്ത്രത്തിന് അംഗീകരിക്കാവുന്ന ഒന്നാവില്ല മനസ്സിലായില്ല മനസ്സിലായില്ല ഒരു ഇന്ന പരമർബുദത്തിന് അത് ഔഷധമാണെന്നും അതിന് പ്രയോഗജാതുരി ഉണ്ടെന്നും വന്നാൽ അത് ഏത് വ്യക്തി എടുത്തു കൊടുക്കുമ്പോഴും അർബുദത്തിൻ്റെ അതേ അർബുദത്തിന്റെ ഏത് ഘട്ടത്തിൽ കൊടുക്കുമ്പോഴും മാറേണ്ടതാണ് മനസ്സിലായില്ല അങ്ങനെയാ ശാസ്ത്ര നിയമം അവിടെ വസ്തുവിന്റെ സ്വഭാവവും രോഗത്തിന്റെ സ്വഭാവവും ഉറ്റമറ്റതായി പഠിക്കാൻ കഴിയണം ഒട്ടേറെ അർബുദങ്ങൾ പ്രാചീന കണക്കിന്റെ കണക്കിൽ തന്നെ ബല്യശാസ്ത്രത്തോട് ബന്ധപ്പെട്ടതാണ് അത് വൈദ്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തന്തു ബലത്തെയും മോജസ്സിനെയും ആസ്പദമാക്കിയുള്ളതാണ് ബലം തന്നെയാണ് ആരോഗ്യം മനസ്സിൻ്റെയും വാക്കിൻ്റെയും ശരീരത്തിൻ്റെയും ബലം സമഗ്രമായി ചേരുമ്പോൾ മാത്രമാണ് ആരോഗ്യമുണ്ടാകുന്നത് എല്ലാ രസങ്ങളും സമീചനമായി സമയക്കായി സ്വീകരിക്കുവാൻ പാകമാകുമ്പോഴാണ് ഒരാൾ ആരോഗ്യമുള്ളവനാകുന്നത് ഏക ജീവിക്കേണ്ടി വന്നാൽ അത് ആരോഗ്യമല്ല രോഗം വരുമ്പോൾ ചെയ്യേണ്ടതാണ് മനസ്സിലായില്ല എരിവ് പുളി ഉപ്പ് കൈപ്പ് ചവർപ്പ് മധുരം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 ഫലത്തിന്റെ കാര്യത്തിൽ ഇതെല്ലാം പ്രശ്നമാണ് ഇതെല്ലാം ചേർത്ത് വെച്ച് തൻ്റെ തന്നെ കോശങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പരിണാമമാണ് എന്ന് വന്നാൽ ആ നേരത്തെ പഠിച്ച പഠനത്തിൽ നിന്ന് വ്യത്യസ്തമായി ആധുനിക വൈദ്യശാസ്ത്രം വലിയ ശാസ്ത്രത്തെ ായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ അവിടെ മുതലാണ് യൂറോപ്പിൽ ഇമ്മ്യൂണോളജി പഠനവിധേയമാകുന്നത് അല്ല ഇമ്മ്യൂണോളജി വലിയൊരു പഠനമായി കാരണം ആയിരത്തി തൊള്ളായിരത്തി ആദ്യത്തെ എയിംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഡോക്ടർ കൊച്ചുറാൻ ഡോക്ടർ ബോബൻ റിപ്പോർട്ട് സെക്കൻഡ് വേൾഡ് വാർഡ് വാർ കഴിഞ്ഞ പ്രൈമോണോളജി നിർണായകമായൊരു പഠനമായി തീരുന്നത് അപ്പോഴാണ് ഇപ്പൊ ശാസ്ത്ര വിദഗ്ധന്മാരുടെ അഭിപ്രായത്തിൽ നമ്മുടെ പ്രതിരോധ സംവിധാനം സദാ പുറത്തു കളയുന്ന വിരുദ്ധ കലകളെ എതിരാളികളായ കലകൾ ടിഷ്യൂസ് ടിഷ്യൂവിൽ തന്നെ വരുന്ന ഒരു പരിണാമമാണത് ആ പുറത്തു കളയുന്ന കലകളെ പുറത്താക്കുന്നതിന് കഴിയാതെ വരുമ്പോൾ കുറെ കലകളെ പുറത്തു കളയണം അത് അത്ഭുതമായി തീരുന്നു എന്നാണ് അന്ന് കണ്ടെത്തിയത് അടുത്ത കാലത്ത്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 ഇന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് ആധികാരികങ്ങളെന്ന് ധരിച്ച് ആധുനിക നടത്തി വരുന്ന പരീക്ഷണങ്ങളിലും പഠനങ്ങളിലും നിന്ന് പലതും അടർത്തിയെടുത്ത് അവയെ എതിർത്തു പോരുന്ന വിശ്വാസ പോലെ വൈകാരികമാവുമ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിന് ശാസ്ത്ര പരിവേഷം എതിർപ്പിലൂടെ വിശ്വാസമാർജിക്കുന്നതിന് അനിയതും ഒരു മതം പോലെ വളരുന്നുണ്ട് വിജ്ഞാനശാസ്ത്രത്തിന്റെ ദൃഷ്ടികോണം വച്ച് നോക്കിയാൽ അറിവ് അറിഞ്ഞതിനെ മാറ്റുന്നില്ല എന്നാണ് ആ ഒരു തലത്തിൽ ഏതൊരറിവും ശരിയായൊരറിവാണെങ്കിൽ അത് മാറില്ല നമ്മുടെ അച്ഛനും അപ്പൂപ്പനും അപ്പൂപ്പന്റെ അച്ഛനും എട്ടുപേഴും പതിനഞ്ചെന്ന് തന്നെയാണ് വിളിച്ചത് ശരിയല്ല അത്രയും മാത്തമാറ്റിക്കൽ ആയിരിക്കണം ശാസ്ത്രം അതാണ് ചരകന് പറയാൻ കഴിഞ്ഞത് ഈ ദൃഷ്ടികോണം അവിടെ തന്നെയുണ്ട് കറണ്ട് മെതേഡ്സ് ഓഫ് മാനേജ്മെന്റ് ആയോ ക്ലിനിക് പ്രൊസീഡിംഗ്സിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എഴുതി വെച്ചതാണ് chodyi nokanannu in many instances i feel that conventional surgical and chemotherapy approaches to breast cancer are actively destructive and may decrease life expectancy dr levitt mammologist 1991 london liver pancreatitis mamology section ella nanu parishodhisi nokkittu thirumaniya in many instances i feel that conventional surgical and chemotherapy approaches to breast cancer are actively effective and med increases life expectancy സന്ദർഭങ്ങളിലും ബ്രസ്റ്റ് ക്യാൻസറിന് മേൽ നടത്തുന്ന സർജിക്കൽ ഇന്റർവൻസസ് അങ്ങേയറ്റം വിനാശകരമാണ് എന്ന് മാത്രമല്ല ജീവിത ദൈർഘ്യത്തെ അത് കുറയ്ക്കുകയും ചെയ്യുന്നുവെന്ന് ആണ് അദ്ദേഹം വളരെ ഭംഗിയായി പറഞ്ഞിട്ടുള്ളത് ലലിത് ഡോക്ടർ ലലിത് മാമോളജിസ്റ്റാണ്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 a devastating impression of futility yanana the parangle matter all we have to face the reality dot the practical outcome of the hundreds of thousands of man years of work with a mechanism of chemical carcinogenicity the significance of oncogenic viruses the control of morphogenesis and immunological aspects of cancer has been precisely nil par map parlai burnet nobel sammana vedava adhendinte abhiprayama ivan borna adunnu njan bornadalla thare development okke logathu nadannondirikkya if there would be such a thing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 we have to face the reality that the practical outcome of the hundreds of thousands of mar years of work لو ബിശാപ്രガーણമ്മ കോടാനുകോടി ഡോളർ ചിലവഴിച്ച് വർഷങ്ങളോളം ഗവേഷണം ചെയ്യാ hundreds of thousands of mar years of work ഒന്നോ രണ്ടോ വർഷത്തേല്ല അമാൻ years of work വിത്ത് മക്കാനിസം ഓഫ് കെമിക്കൽ കാർസിനോജനി ജനിസിസ് ഇൻഡസ്ട്രിയൽ കാർസിനോജനിസീസ് കെമിക്കൽ കാർസിനോജനിസിസ് ദ കൺസോൾഡ് ഓഫ് മോർഫോജനിസിസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഹോങ്കോജനിക് വൈറസസ് ഒരു ഭാഗത്ത് കെമിക്കൽ കാർസിനോജനിസി കുറിച്ച് ഒരു ഭാഗത്ത് ഓങ്കോജനിക് വൈറസസിന്റെ സാന്നിധ്യത്തെ കുറിച്ച് വൈറൽ ക്യാൻസർ ഹ്യൂമൻ വൈറസ് വൈറൽ ക്യാൻസറാണ് ഉണ്ടാക്കുക അത്തരം വൈറസുകളുടെ സാന്നിധ്യത്തെ കുറിച്ച് ദ കൺട്രോൾ ഓഫ് മോർക്കോജനിസ് ആൻഡ് ഇമ്മ്യൂണോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ക്യാൻസർ ഇത്രയും വർഷം ഇത്രയും ആളുകൾ കോടാനുകോടി ഡോളർ ചെലവഴിച്ച് പഠനം നടത്തിയിട്ട് കിട്ടിയ റിസൾട്ടിനെ കുറിച്ച് എന്നോട് ചോദിച്ചാൽ ഇനി ഇതിവിടുന്ന് നമ്മൾ പറയുന്നതല്ല കോടിക്കണക്കിന് പേപ്പർ അടിച്ചു വെച്ചിട്ടുള്ളത് ആ പഠനത്തിന്റെ ഭാഗമായി സർ മക്ബർ ലൈൻ ബർണ എന്ന നോബൽ ജേതാവായ ശാസ്ത്രകാരൻ്റെ അഭിപ്രായമാണ് ഇതൊന്നും വായിക്കാതെ പഠിക്കാതെ എവിടെയെങ്കിലും ഒരു ചെറിയ മുഴകണ്ടാൽ അതവിടെ ഇരുന്നിരുന്നെങ്കിൽ കുറെ കാലം കൂടെ കൂടി സുഖമായിട്ട് അപകടം ഇല്ലാതെ ജീവിക്കു വന്ന് തിരിച്ചറിയാതെ പോയി കുത്തി നാനാവിധമാക്കി കിളച്ച് മറിച്ച് വേഗം ചത്ത് പിള്ളേർക്ക് ജീവിക്കാനുള്ളത് മുഴുവൻ കൊടുത്ത് ഒഴിഞ്ഞു പോരുന്ന കഷ്ടനഷ്ടങ്ങളുടെ ഒരു കാലഘട്ടമാണ് അതായിപ്പോ ശരീരം മുഴുവൻ തപ്പിയും മറ്റുള്ളവരെ കൊണ്ട് തപ്പിച്ചു എവിടെയൊക്കെയാണ് ശരിയല്ല ശരിയല്ല അതേ കാലത്തൊക്കെ ഊത്ത കയറുമ്പോ പാടത്തു തപ്പാൻ പോകുന്നവനേക്കാൾ കഷ്ടമായിട്ട് പിടിക്കാനൊന്നും പോയിട്ടില്ല ഞാൻ മാത്രം ഇതൊക്കെ ചെയ്തിട്ടുള്ള മന പുതുമഴ പെയ്യുമ്പോ ആ ഊത്ത പിടിക്കാൻ കൊത്തി തപ്പുക ഒക്കെ ചെയ്യും ചിലപ്പോ പുളവനെയും കിട്ടും പറഞ്ഞ പോലെ അവനോ തപ്പി കണ്ടെത്തിയില്ലെങ്കിൽ അന്യരെ കൊണ്ട് തപ്പിച്ച് പുളവനെയെങ്കിലും കണ്ടെത്തി സ്വന്തം കുടുംബവും ജീവിതവും തറതോണ്ടി രസിക്കുന്ന ആധുനിക വിദ്യാഭ്യാസത്തിന്റെ അന്തസാരവിഹീനരായ ജനതയെ കാണുമ്പോൾ അവിടെ സെമി കോളനി നിർത്തുക എന്നാലുണ്ട് ചൂലെടുത്ത് തല്ലാം തോന്നുന്നു എന്ന് എങ്ങനെയാ പറയ സുധാകര പ്രമാണമായി പോവില്ലേ ഏ ഞാൻ പറഞ്ഞിട്ടുള്ളു ഞാൻ സെമി കോളനി നിർത്തുക എന്നേ പറഞ്ഞുള്ളൂ ഏ ിനുള്ളത് കൊണ്ട് പറഞ്ഞെ ഈ കാലഘട്ടത്തിന് ഇങ്ങനെ ഒരു പ്രമാണം കിട്ടിയതുകൊണ്ട് പറഞ്ഞു കേരളത്തിന്റെ അമൂല്യ സംഭാവന അർബുദത്തെ സംബന്ധിച്ചിടത്തോളം ഒരർബുദ രോഗിയുടെ അനുഭവങ്ങളെ ഒരു അർബുദ അനുഭവങ്ങളെ സർവജ്ഞനെന്ന് കരുതുന്ന ബിശങ്കുരൻ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ അറിവില്ലായ്മയ്ക്കാണ് കച്ചവട ലോകത്ത് വൻ പ്രാധാന്യമെന്നുള്ളതാണ് ഇതിലെ രഹസ്യം രോഗിയുടെ അറിവില്ലായ്മയല്ല കാലിന് വേദനയുമായി ചെന്നാൽ അവന്റെ ആ വേദനയെ കണ്ടെത്തുന്നതിന് നടത്തിയ സ്കാനിങ്ങിലോ എക്സ്റേയിലോ വേറെ എവിടെയെങ്കിലും കണ്ടൊരു മുഴ ഈ വേദന ഈ വേദനയ്ക്ക് കാരണം മറ്റെന്തെങ്കിലും ആകാം മനസ്സിലായില്ല അത് കൊടുത്ത് സമാധാനിപ്പിച്ചു വിട്ടാൽ ആ മുഴയും വെച്ചുകൊണ്ട് അവൻ ജീവിക്കും അതിന് പകരം ശരീരം മുഴുവൻ പരതി എവിടെയോ ഒരു കാരണം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് അതിന് ചികിത്സിച്ച് മുമ്പ് നടന്നു പോയവൻ തിരിച്ചെടുത്തുകൊണ്ടുവരുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവൻ്റെ വേദനകളോ യാതനകളോ അവൻ അനുഭവിക്കുന്ന രോഗത്തെ കുറിച്ചുള്ള അവന്റെ അനുഭവങ്ങളോ അംഗീകരിക്കാതെ അതിസൂക്ഷ്മമായി അവന്റെ ശരീരാന്തർഭാഗങ്ങളിൽ പരതിയും ഉപകരണങ്ങൾ ഉപയോഗിച്ചും